പുറമേക്ക് കാണിക്കാതെ എല്ലാ ഉള്ളിൽ തന്നെ അടക്കിക്കളയും അപ്പൊ സാധുക്കളുടെ ലക്ഷണം അതാണ് സാധുക്കൾക്ക് സഹിക്കാൻ പറ്റാത്തതായും ഒരു ദുഃഖമില്ല കിം ദുസ്സഹം സാധൂന അറിവുള്ളവരുടെ ലക്ഷണം എന്താ വിദുഷാം കിം അപേക്ഷിതം അറിവുള്ളവർക്ക് ലോകത്തിൽ അവർക്ക് യാതൊന്നിലും ആഗ്രഹമില്ല നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമേ അഹം നിത്യം പൂയേത്യങ്കിരേണുഹി നിരപേക്ഷം മുഴിംശാന്തം നിർവൈരം സമദർശനം യാതൊന്നും അപേക്ഷിക്കാത്തവരാണ് സാധുക്കൾ ആഗ്രഹിക്കാത്തവരാണ് സാധുക്കൾ അതുകൊണ്ട് ഭഗവാൻ അവരുടെ പുറകെ നടന്നുകൊണ്ടേയിരിക്കും കിം അകാര്യം കതര്യാണം ചെയ്യാൻ പറ്റാത്തത് എന്താ ഉള്ളത് അവരെന്തും ചെയ്യും നല്ല ഇച്ഛാശക്തി ഉള്ളവർക്ക് ത്യജിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് ദുസ്ത്യജം കിം ധൃതാത്മനം ആ കുഞ്ഞിനെ കൊണ്ടുവച്ച് ശാന്തമായിട്ട് നിൽക്കണു കംസന് അദ്ഭുതപ്പെട്ടുപോയി കംസനെ വസുദേവര് ദീനവത്സലന് എന്ന് വിളിച്ചങ്ങളുടെ ഉള്ളിലുള്ള ഭഗവത്വം ഉണർത്തിയപ്പോൾ കംസന്റെ ഉള്ളിൽ ഒരു നന്മ ഉണർന്നു പോലോ അത് കുറച്ചുനേരത്തേക്ക് നിന്നു കുറച്ചു നേരത്തേക്ക് മനസ്സിലൊരു സമത്വവും ഉണ്ടായി ഇപ്പൊ വസുദേവരെ കണ്ടപ്പോ അദ്ദേഹം മനസ്സിലാക്കുക എന്ന് കഴിഞ്ഞു ദുഷ്ടമത്വം സത്യപ്പ് വ്യവസ്ഥിതം അല്ലെങ്കിൽ ദുഷ്ടന് മറ്റുള്ളവരുടെ സമത്വവും സത്യസ്ഥിതിയും എങ്ങനെ മനസ്സിലാവും ഇപ്പൊ വസുദേവരുടെ സമബുദ്ധിയും സത്യനിഷ്ഠയും കണ്ട് കംസനൊന്ന് ആശ്ചര്യപ്പെട്ടു ഇന്നലെയുള്ള ആളുകളിൽ ലോകത്തിലുണ്ടാവോ പ്രീതമനാഹ കംസനൊന്ന് സന്തോഷം തോന്നി ദുഷ്ടമനാരാധൻ പ്രഹസന് അതാണ് ഭട്ടധരി പറയണത് ദുഷ്ടാനാമവിദേവ പുഷ്ടകരുണാ ദുഷ്ടാഹിധീ ഏകത ഒരേ ഒരു പ്രാവശ്യം ദുഷ്ടന്മാരിലൊക്കെ കാണുമത്ര നന്മ ദുഷ്ടന്മാരും ഏടയ്ക്കൊക്കെ ഒരു നല്ല കാര്യം ചെയ്തു കളയുന്നുണ്ട് കംസൻ ഇപ്പൊ ഒരു നന്മ ഉണർന്നുള്ളില് െ തിരിച്ചു കൊണ്ടുപോവുക ഈ കുഞ്ഞിൽ നിന്ന് എനിക്ക് ഭയം ഒന്നുമില്ല എട്ടാമത്തെ കുട്ടിയാണല്ലോ ഇപ്പൊ എന്റെ മരണത്തിന് കാരണം ഇതാദ്യത്തെ കുട്ടിയല്ലേ ഇതിന് എന്തൊരു വെറുതെ വധിക്കണം അതുകൊണ്ട് എടുത്തുകൊണ്ടുപോവുക എന്ന് തിരിച്ചടിച്ചു വസുദേവന് ശരി ഭക്തന്മാരുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആറ്റിറ്റ്യൂഡേ ഉള്ളിലുള്ളൂ എല്ലാറ്റിനും ശരി ഭഗവാനും അതേ ഉള്ളൂ എല്ലാത്തിലും ശരി എന്ന് പറയും ദേവന്മാരൊക്കെ ഇങ്ങനെ ഒരു മന്ത്രം ജവിച്ചുകൊണ്ട് നടക്കണ്ടാവും അത്ര സന്ധി സമയത്ത് എന്താന്ന് വെച്ചാൽ ശരി ശരി ശരി ശരി പറയാത്ര തഥാസ്തു തഥാസ്തു തഥാസ്തു അതുകൊണ്ട് നമ്മള് വായു കൊണ്ട് പലതും പറയണമൊക്കെ സൂക്ഷിച്ചു വേണം എന്നാണ് എന്തു പറഞ്ഞാലും എന്ന് പറയും അപ്പൊ ശരി അതാണ് ഭഗവാന്റെ ഈ അഭയഹസ്തം ഈ വരദാനഹസ്തമുണ്ടല്ലോ വരദാനഹസ്തത്തിലെ അർത്ഥം തന്നെ എന്താണ് ശരി എന്നാണ് ശരി എന്നാണ് നീ എന്തു പറയുള്ളൂ ശരി ഉള്ളിലുള്ള ചൈതന്യത്തിനോട് സ്വഭാവമേ ഉള്ളൂ നമ്മൾ എന്ത് സങ്കല്പിച്ചാലും അത് ശരി ശരി പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാത്തിനും അത് പുറകിലിരുന്ന് ബലം കൊടുക്കും അതാണ് ചൈതന്യ ലക്ഷം അതേപോലെ സാധുക്കളും അങ്ങനെയാണ് വസുദേവനും ഇപ്പൊ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നുണ്ടെങ്കിൽ ശരി അതുകൊണ്ട് എടുത്തോണ്ട് പോയി അപ്പൊ സന്തോഷപ്പെട്ടു ആഹാ കംസന് നല്ല ബുദ്ധി വന്നു നമുക്ക് കുഞ്ഞിനെ തിരിച്ചു തന്നുവല്ലോ എന്ന് സന്തോഷപ്പെട്ടോ എന്ന് വെച്ചാൽ സന്തോഷം ഉണ്ടായില്ലോ കാരണം ഇതിന് വിശ്വസിക്കാൻ പറ്റില്ല ഇതിപ്പോ കൊണ്ടുപോകാൻ പറയും കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറയും എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് ക ദുന്ദുബിഹീന അഭ്യനന്ദദദ്വാക്യം അസത അഭിജിതത്മനഹ മനസ്സിന് ജയം മനസ്സിനെ ജയിക്കാത്ത ദുഷ്ടന്മാരുടെ വാക്കുകൾ വിശ്വസിക്കാൻ കൊള്ളില്ല അവര് ചിലപ്പോഴൊക്കെ നല്ലത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല അവര് വിശ്വസിച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങാൻ പാടില്ല അവര് നമ്മളെ സഹായിക്കും എന്ന് കൊള്ളില്ല അപ്പൊ ഈ കംസൻ പറഞ്ഞത് കൊണ്ട് സന്തോഷിച്ചില്ല ആ കൊണ്ട് തിരിച്ചുപോയി പക്ഷെ ദേവന്മാർക്ക് ഇപ്പൊ വിഷമായി എന്താന്ന് വെച്ചാൽ കംസനങ്ങനെ ഇപ്പോൾ ഇത്രയൊക്കെ ദുഷ്ടത ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നല്ല ആളായാലോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ എങ്ങനെ വധം കംസവധം നടക്കണം കംസവധം നടക്കണം എന്ന് മാത്രമല്ല കംസന് മുക്തി വേണം മുക്തി വേണമെങ്കിൽ അവരുടെ ഉള്ളിൽ പ്രബലമായി എന്ത് വികാരമുണ്ടോ ആ വികാരത്തിനെ ആശ്രയിച്ചു കൊണ്ടുവേണം ഭഗവാനെ പ്രാപിക്കാൻ ഏ യഥാമാം പ്രപദ്ധ്യന്തേ താൻ സതൈവ ഭജാമ്യ ദുഷ്ടൻ ദുഷ്ടത കൊണ്ട് തന്നെ മുക്തി പ്രാപിക്കും അവൻ പെട്ടെന്ന് കുറേ ദുഷ്ടനായിരുന്നിട്ട് അല്പശിഷ്ടനായ ശരിയാവില്ല ഏതെങ്കിലും ഒന്നിൽ കടുംപിടുത്തം പിടിക്കണമെന്നു തസ്കരണ തസ്കരനാണെങ്കിൽ തസ്കരനായിട്ട് പ്രബലമായിട്ട് നിൽക്കാം അങ്ങനെയൊരു മാർഗമുണ്ട് ഇവരൊക്കെ ആ മാർഗമാണ് സ്വീകരിച്ചത് ഒന്നിൽ ഭഗവാനെ ഭക്തി കൊണ്ട് പ്രാപിക്കണം അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് യുദ്ധം ചെയ്ത് പ്രാപിക്കണം കംസന്റെ ഒക്കെ മാർഗം എന്താ സംരംഭയോഗമാണ് ഇപ്പൊ പെട്ടെന്ന് തല തലമൊക്കെ ദുഷ്ടത ചെയ്തിട്ട് ഒരു ദിവസം നല്ല ആളാവായാലോ ശരിയാവില്ല അതൊന്നാപ്പൊ പൂർണ്ണമായിട്ട് നല്ല ആളാവുക അതുകൊണ്ടാവൂല്ല അപ്പൊ ആകെപ്പാട കുഴപ്പമാവും അപ്പൊ നാരദനെ വിളിച്ച് ദേവേന്ദ്രൻ അവിടുന്ന് പറഞ്ഞു വെച്ച് പോയി ഒന്ന് കാര്യം ശരിയാക്കിയിട്ടുള്ള ഈ ജനിക്കുന്ന കുട്ടികൾ ആദ്യത്തെ ആറെണ്ണം മരിക്കാനുള്ള യോഗമുണ്ട് വസുദേവരും ദേവകിയും കൂടെ ഒന്ന് പക്വപ്പെടുത്തണം ആളുകൾ പക്വ ഭഗവാനെ സ്വീകരിക്കണമെങ്കിൽ നോക്കണം സത്സംഗം കിട്ടും ചിലർക്കൊക്കെ ജീവിതത്തിലെ സത്സംഗം കിട്ടും നല്ലവണ്ണം വേദാന്തം പഠിക്കും സംസ്കൃതം പഠിക്കും ധാരാളം ജപവും ചെയ്യും എല്ലാം ചെയ്താൽ എന്തിൻ്റെയോ ഒരു കുറവുണ്ടാവും രമണ മഹർഷിയോട് ഒരു അമ്മ ചോദിച്ചു വിധവ സ്ത്രീയാണ് ചെറുപ്പത്തിൽ വിധവയായതാണ് അവര് വേദാന്ത ഗ്രന്ഥങ്ങളും ഉപരിഷത്തും വാസിഷ്ടവും ഒക്കെ പഠിച്ചു എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മഹർഷിയോട് ചോദിച്ചു ഭഗവാനെ ഇത്രയൊക്കെ പഠിച്ചു വിചാരം ചെയ്തു എന്നിട്ടും എന്താ മനസ്സ് ശരിക്കും കൂടെ അടങ്ങി ശാന്തി കിട്ടാത്ത മഹർഷി പറഞ്ഞു അത് നീ ആവശ്യത്തിന് ദുഃഖിച്ചിട്ടില്ല വേണ്ടത്ര ദുഃഖം തനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാ ധാരാളം ദുഃഖിച്ചാലേ മനസ്സിന് വൈരാഗ്യം ഉണ്ടാവുള്ളൂ അത്യന്തം ഭഗവാൻ ദുഃഖം തരണത് നമ്മളെ വിഷമിപ്പിക്കാനല്ല ഈശസ് കൃപയാ ദുഃഖം ആഗമിഷ്യതി ദേഹിനാം ഭോഗാത്തും തസ്മാ ദുഃഖം നഗരയെ തരുന്നത് ദുഃഖത്തിനെ നിന്ദിക്കാൻ പാടില്ല എന്നാണ് ജീവിതത്തിൽ ദുഃഖം വരുമ്പോ നമ്മളൊക്കെ ഗുരുവായൂരപ്പനി ഇത്രയൊക്കെ ഭജിച്ചിട്ട് നമുക്ക് എന്തിനാപ്പോ ഇത്ര ദുഃഖം തരണത്താണെന്ന് ചോദിക്കും ദിവസം പോയി തോന്നു എന്നിട്ടും ദുഃഖമേ ഉള്ളൂ അതാണ് വടക്കനാഥന്റെ പ്രസാദമാണതെ കുറെങ്ങൾ ദുഃഖിപ്പിച്ചു കഴിയുമ്പോൾ വൈരാഗ്യം വൈരാഗ്യം ഉണ്ടാവുമ്പോൾ ധ്യാനം ഉണ്ടാവും ഭഗവത് ധ്യാനവും ഉണ്ടാവും ധ്യാനം ഉണ്ടാവുമ്പോൾ ആനന്ദമുണ്ടാവും സുഖമല്ല ആനന്ദമുണ്ടാവും അപ്പൊ ആനന്ദത്തിനുള്ള മാർഗം ദുഃഖത്തിലൂടെയാണ് അപ്പൊ വസുദേവരും ദേവകിയും പക്വമാവണമെങ്കിൽ അല്പമൊന്നും ദുഃഖിക്കണം ദുഃഖത്തിൽ വേറെ പ്രയോജനവും കൂടെ ഉണ്ട് ഭോഗേഷു ആസക്തികളൊക്കെ വിട്ടുപോകണം ആസക്തികളിലെ ഏറ്റവും പ്രബലമായ ആസക്തി എന്താ അവരവരുടെ മക്കളോടുള്ള ആസക്തി വിത്തേഷണ പുത്രേഷണ ദാരേഷണ എന്നാണ് അതില് പുത്രേഷണ വിത്തേഷണ പുത്രേഷണ ലോകേഷണ അതില് പുത്രേഷണ വളരെ പ്രബലം വസുദേവർക്ക് വളരെ പ്രബലമായിരുന്നു രണ്ട് ജന്മത്തില് കുട്ടികൾ വേണം കുട്ടികൾ വേണം എന്നുള്ള ആഗ്രഹം കുട്ടികളോടുള്ള ആസക്തി ഇതൊക്കെ വസുദേവർക്ക് രണ്ട് ജന്മത്തിലുണ്ടായിരുന്നു അപ്പൊ ആ ആസക്തിയെ അല്പമൊന്നു നീക്കിയാലേ കൃഷ്ണനെ സ്വീകരിക്കാൻ കൃഷ്ണ ജനനത്തിനുള്ള വിത്ത് പാകാൻ വസുദേവര് തയ്യാറാവുന്നു അതുകൊണ്ട് വസുദേവരെ ദുഃഖിപ്പിക്കണം കംസനെ ഭയപ്പെടുത്തുമാണ് വസുദേവർക്ക് ദുഃഖമാണ് കൃഷ്ണഭക്തിക്കുള്ള മാർഗമെങ്കിൽ കംസന് ഭയമാണ് ധ്യാനത്തിനുള്ള മാർഗം കംസനെ ഭയപ്പെടുത്തണമെങ്കിൽ ഒരു ദിവസം ഇപ്പം എരണി കശ്മൂരിന്റെ മുമ്പിൽ അവതരിച്ച പോലെ അവതരിച്ചാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കംസന് അങ്ങനെ ധ്യാനം ഉണ്ടാക്കി കൊടുക്കണം കൃഷ്ണധ്യാൻ അതിനെന്താ വഴി ശരി ഒരു പതിനഞ്ച് വർഷം മുമ്പ് തന്നെ അനൗൺസ്മെന്റ് എട്ടാമത്തെ കുട്ടി കൊല്ലും കൊല്ലുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്താൽ പറയാം പത്തഞ്ച് വർഷം മുമ്പെങ്കിൽ അനൗൺസ് ചെയ്തിട്ട് ഈ പത്തുപതിനഞ്ചു വർഷം ഇതും കാത്തുകൊണ്ടിരിക്കുക സദാ ധ്യാനം ഇത് എപ്പൊ വരുവോ വരുവോ കൊല്ലോ കൊല്ലോ കൊല്ലോ പേടി വിഷമം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണം ഇതൊക്കെ പക്വപ്പെടുത്തി ഫീൽഡ് ക്ഷേത്രം തയ്യാറാക്കി നിർത്തിയിരിക്കുക നോക്കണം അതിനാണ് കംസനെ നേരത്തെ അറിയിച്ചതും വസുദേവരെയും ദുഃഖിപ്പിക്കണം ആ ദുഃഖം കൊടുക്കണം ഇതൊക്കെ ഭഗവാന്റെ ലീലയുടെ ഭാഗങ്ങളാണ് ഇത്രയൊക്കെ ചെയ്ത് നാരദ മഹർഷി പറഞ്ഞുവെച്ചു ദേവന്മാർ നാരദർ നേരെ കംസന്റെ അടുത്ത് വന്നു കംസ എങ്ങനെയാപ്പോ ഭരണമൊക്കെ എങ്ങനെ പോകുന്നു ഒന്നും പറയേണ്ട നാരദര് മഹാവിഷമം നമ്മളുടെ പ്രതിപക്ഷം അല്ലാത്ത ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അവര് ഇതാപ്പോ എനിക്കിപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എട്ടാമത്തെ പുത്രൻ എന്നെ ദേവന്മാരൊക്കെ കൂടെ ഒപ്പിച്ച ആ അത് ഞാനും കേട്ടു പക്ഷെ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ എന്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എട്ടാമ കുട്ടികളെയൊക്കെ സമർപ്പിക്കാം എന്ന് വസുദേവരേറ്റതോടുകൂടെ ഞാൻ അവരെ വെറുതെ വിട്ടു അതേതായാലും നന്നായി പക്ഷേ കുട്ടികളെ വെറുതെ വിടാൻ പാടില്ല അതെന്താ നാരദ്ര എങ്ങനെ പറയണത് എട്ടാമത്തെ പുത്രനല്ലേ വധിക്കാം ഈ എട്ടത് എന്നുള്ളത് തന്നെ മായയുടെ സംഖ്യയാണ് അഷ്ടധാ പ്രകൃതി മായയുടെയാണ് ഭൂമി രാപോ അനലോ വായു കമ്മനോ ബുദ്ധിദേവച് അഹങ്കാരിന്നകൃതിരാഷ്ട മായ എട്ട് എന്നുള്ള സംഖ്യയാണ് ഈ എട്ടിന് വിശ്വസിക്കണ്ട ദേവന്മാരുടെ കണക്ക് ഇഷ്ടം പോലെ മാറും അവര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നുള്ളത് ഈ വാച്ച് പോലെ എഴുതിയാൽ അത് എല്ലാത്തിനും ഒരേ സംഖ്യ ഇട്ടാൽ ഒന്ന് തൊട്ട് തുടങ്ങിയാൽ എട്ട് രണ്ട് തൊട്ട് തുടങ്ങിയാലോ ഒന്ന് വരും മൂന്ന് തൊട്ട് തുടങ്ങിയാലോ രണ്ട് പേരും നാല് തൊട്ട് തുടങ്ങിയാലോ മൂന്ന് പേരും ഈ എട്ട് എവിടെ വേണമെങ്കിലും വരാം എന്നാണ് വട്ടത്തില് വരാം കംസന്റെ അടുത്ത് ചോദിച്ചു മാത്രമല്ല എണ്ണാൻ ശരിക്ക് പഠിച്ചിട്ടുണ്ടോ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോണ കാലത്ത് പള്ളിക്കൂടത്തിൽ ശരിക്കും എണ്ണാലും പഠിച്ചിട്ടില്ല വെറുതെ കൺഫ്യൂഷൻ വേണ്ട കാര്യമൊക്കെ നടത്തിക്കൊള്ളാം കംസന അപ്പൊ തീരുമാനിച്ചു യാതൊരു പറയണതിലും കാര്യമുണ്ട് മാത്രമല്ല ഈ വിഷ്ണുവംശജജരൊക്കെ ദേവംശജരാണ് നിങ്ങളൊക്കെ അസുരാംശജജരാണ് സൂക്ഷിച്ചോളണം നിങ്ങളെ വധിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ദേവന്മാർ ചെയ്യും ഇത്രയും പറഞ്ഞ് നാരകരവിടുന്ന് ഏർപ്പാടാക്കിയിട്ട് നാരകര് പോയി അപ്പോ വസു നേരെ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും അറകിലേക്ക് വന്നു കുട്ടിയെ പറിച്ചു വാദിച്ചു വധിച്ചു അങ്ങനെ ആറ് കുട്ടികൾ കൺമുമ്പിൽ വെച്ച് മരിക്കുന്നത് കാണേണ്ട ഒരു ദുഃഖം വസുദേവർക്കും ദേവകിക്കും ഉണ്ടായി കൃഷ്ണാവതാരം ദുഃഖത്തിലാണ് കൃഷ്ണാവതാരം കേൾക്കുമ്പോൾ കൃഷ്ണകഥ കേൾക്കുമ്പോൾ നമുക്കാർക്കും ദുഃഖം തോന്നില്ല പക്ഷേ കൃഷ്ണാവതാരത്തിൽ രാമായണത്തിനെക്കാളും ദുഃഖമുണ്ട് കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ആറ് കുട്ടികളും മരിക്കുന്നത് കൺമുമ്പിൽ കാണേണ്ട ഒരു ഗതികേട് ഒരു വിഷമം വസുദേവർക്കും ദേവകിക്കും ഉണ്ടായി ഭഗവാൻ അത്ര പെട്ടെന്നൊന്നും നമ്മളെ അത്യന്തം ദുഃഖിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഭക്തി കബീര് ഒര്യ പണക്കാരൻ അയാളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭാഗവതം കേൾക്കും കഥ പറയിപ്പിക്കും ഭക്തിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കും ഭക്തി എങ്ങനെ വരും ആളുകളോടൊക്കെ ചോദിക്കും അങ്ങനെ ഇരിക്കും ഒരു ദിവസം കബീർദാസ് ആ ധനവാന്റെ വീട്ടിന്റെ മുമ്പില് തലയിലൊരു കൊട്ട കൊട്ടയും വെച്ചുകൊണ്ട് നടന്നു പരാഭക്തി വേണോ പരാഭക്തി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്നു അത്ര പരമമായി ഭക്തി വേണോന്നാണ് ഇത് കേട്ടോണ് ഈ പണക്കാരന് വലിയ സന്തോഷമുറച്ച് പണം കൊടുത്താ ഭക്തി കിട്ടുമെങ്കിൽ എത്ര സുഖം അദ്ദേഹം ഓടി വന്നു പുറത്തു വന്ന് ചോദിച്ചു എന്താ വില പരാഭക്തിക്ക് ചോദിച്ചു എന്റെ തല എന്ന് പറഞ്ഞോത്ര തന്റെ തല തരുവോ എന്ന ജീവൻ തരുവോ ഭക്തി തരാമെന്ന് തന്നെ തന്നെ അർപ്പിക്കുവോ ഭക്തി തരാം എല്ലാ വിഷമത്തിനെയും സഹിക്കാൻ തയ്യാറാണോ ഭക്തി തരാമെന്ന് ദുഃഖത്തിലൂടെയാണ് മാർഗം ദുഃഖിക്കാൻ തയ്യാറാണോ ഭക്തി തരാം ദുഃഖം കൊണ്ട് പക്വപ്പെട്ട് ുഖമാകുന്ന തപസ് ദുഃഖമാകുന്ന തുകൊണ്ട് ഹൃദയം പാകപ്പെടുമ്പോ ഭക്തിയുടെ രുചി അതിൽ ഏർപ്പെട്ടു തുടങ്ങുന്നു അതുകൊണ്ട് ഭക്തിക്ക് ഒരു അടിത്തറയിട വസുദേവർക്കും ദേവകിക്കും ഇത്രകണ്ട് ദുഃഖം ഇതിൽ ആറ് കുട്ടികളും മരിക്കുന്നത് കൺമുമ്പെ കാണേണ്ടി വന്നു വസുദേവർക്കും ദേവകിക്കും അതുമാത്രമല്ല ഉഗ്രസേനയും ജയിലിലാക്കി കംസൻ സ്വയം രാജ്യം തന്റെ കീഴിൽ ഏറ്റെടുത്തു തന്നെ എങ്ങനെങ്കിലുമൊക്കെ ഈ അറിവില്ലായ്മയുടെ ലക്ഷണമാണ് മരണഭയം മരണത്തിന് രക്ഷപ്പെടാൻ പരക്കം പക്ഷെ മരണം ഒരിക്കലും നമ്മളെ വിടില്ല ഇരണ്യകശിഭൂം ചെയ്തത് അതാണ് കൌസനം ചെയ്തത് അതാണ് തന്റെ മരണത്തിന് ഇല്ലാതാക്കാനുള്ള വഴി നോക്കാണ് അങ്ങനെ ആറു കുട്ടികളെയും വധിച്ചു ഏഴാമത്തെ പുത്രനായി സാക്ഷാത് ആദിശേഷം ജനിക്കാൻ പോകുന്നു എട്ടാമത്തെ പുത്രനായി ഭഗവാനും ജനിക്കാൻ പോകുന്നു അങ്ങനെ ഭഗവത് ജനനത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ആയി നിക്കുന്നു നമ്മുടെ കേരളത്തിലെ ചിലർക്കൊക്കെ അപൂർവം ചില പേരുണ്ട് ആ പേരിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അഷ്ടമം പിള്ളാണ് അർത്ഥം ആദ്യം പിടികിട്ടില്ല കൃഷ്ണൻ എട്ടാമത്തെ പിള്ളക്കുട്ടി എട്ടാമത്തെ പുത്രൻ ഭഗവാൻ ജനിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതിന് തയ്യാറായി അന്തരീക്ഷവും തയ്യാറായി നിൽക്കുന്നു നാളെ കൃഷ്ണാവതാറു സർവ വ്യാസഭഗവാൻ കൃഷ്ണകഥ ഭാഗവതം രചിച്ചത് കേവലം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ പ്രകാശിപ്പിക്കാനായിക്കൊണ്ട് മാത്രമാണ് മഹാഭാരതം മറ്റുമൊക്കെ എഴുതുമ്പോൾ ലോകത്തില് ജീവിക്കാൻ വേണ്ട ധർമ്മം അധർമ്മം ഏത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് ഏതാണ് ധർമ്മം അനുഷ്ഠിക്കാൻ പാടില്ലാത്തത് നിത്യകർമ്മം വിഹിതകർമ്മം കാമ്യകർമ്മം ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം പറഞ്ഞു ധാർമ്മികമായിട്ട് കാമത്തിനെ ഇഷ്ടം പോലെ അങ്ങനെ അനുഭവിച്ചോളാം എന്നൊരു സന്ദേശം ഭാരതത്തിൽ നിന്ന് പലരും തെറ്റിദ്ധരിച്ചു ഭഗവത്ഗീതയിലടക്കം ഭഗവാൻ ധർമാവിരുദ്ധോഭൂതേഷു കാമോസ്മി ഭരദർശഭ എന്ന് പറഞ്ഞപ്പോ അതൊരു തെറ്റിദ്ധാരണക്കിടയാക്കി ധർമ്മം എന്താന്നങ്ങടെ നിശ്ചയിക്കാനോട്ട് സാധ്യല്ല ധർമ്മം എന്ന് നമുക്ക് തോന്നണ വിധത്തിലുള്ള കാമം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചോളാം അനുഭവിച്ചോളാം അതിനൊരു ലൈസൻസ് കൊടുത്ത പോലെയായി ധർമ്മത്തിനെ ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ സാധ്യമേയല്ല ബ്രഹ്മത്തിനെ അറിയാതെ ധർമ്മത്തിനെ ഒരിക്കലും വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല സ്വരൂപത്തിനെ അറിയാതെ സ്വഭാവത്തിനെ ഒന്നും തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അപ്പോ ധർമ്മം എന്ന് പറഞ്ഞൊരുപാട് വ്യാസഭാരതത്തില് പറഞ്ഞുവെച്ച അവസാനം വ്യസന് തന്നെ വിഷമം ദുഃഖം ധർമ്മം ഞാൻ ഇത്രയധികം വിളിച്ച് പറഞ്ഞു ഊർധ്വാഹുർവിരൌങ്ങേശ നശിച് ശൃണോതി മേ ധർമാർശ്ച കാമശ്ച സർമ്മ കംനത്തെ ധർമ്മ പ്രസംഗാ നരന്ത് പാപം പ്രയത്നേന സമാചരത്തി ആശ്ചര്യമേതദ്ധി മനുഷ്യലോകെ അമൃതം പരിത്യജ്യ വിഷം പിബന്തി അമൃതം മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ അത് മാറ്റിവെച്ചിട്ട് മെനക്കെട്ട് വിഷം വാങ്ങി കുടിക്കണമെന്നാണ് ലോകത്തിലുള്ളവർ ധർമ്മം മുമ്പിൽ വന്ന് നിന്നാ പോലും അത് ചെയ്യണില്ല മെനക്കെട്ട് അധർമ്മം ചെയ്യുന്നു ധർമ്മം ചെയ്യാൻ സൌകര്യം അധർമ്മം ചെയ്യണം അതിന്റെ വിഷമം അനുഭവിക്കണം അപ്പ ഇതിന് കാരണമെന്താ ഇത്രയൊക്കെ ഞാൻ ധർമ്മോപദേശം ചെയ്തിട്ടും എന്തുകൊണ്ട് ഫലിച്ചില്ല എന്ന് വ്യാസൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടെ വന്നത് വ്യാസർ ചോദിച്ചു നാരദരോട് നാരദരും ഞാൻ ഇത്രയധികം ഒക്കെ എഴുതി എത്ര പുസ്തകങ്ങളാണ് എഴുതിയത് പുരാണങ്ങള് ഒന്നേകാൽ ലക്ഷം ശ്ലോകത്തോടുകൂടെ മഹാഭാരതം ഇതൊക്കെ ഇപ്പോ ആര് പഠിക്കും പഠിച്ചാൽ തന്നെ ഇപ്പൊ ആളുകളിലോട്ട് നന്നാവണതായിട്ടൊന്നും കാണണില്ല ഭാരതം പഠിച്ചിട്ട് ഇപ്പം എന്തു മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഏട്ടാനിയന്മാർ ഭഗവാൻ തന്നെ പറഞ്ഞു ആ യുദ്ധം ചെയ്യൂന്ന് പറഞ്ഞു അവകാശം ചോദിച്ച് മേടിക്കാമെന്നുള്ള കാര്യം മനസ്സിലായി ഇതാണിപ്പോ ഭാരതം പഠിച്ചിട്ട് ആളുകൾക്ക് കിട്ടിയ മെസ്സേജ് അപ്പൊ വ്യാസർക്ക് തന്നെ സംശയം എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഫലിക്കാത്തത് പ്രയോജനപ്പെടാത്തത് അതിന് നാരദ മഹർഷി പറഞ്ഞു വ്യാസരെ അങ്ങ് എന്താണോ പറയേണ്ടത് അത് അത്ര കണ്ടു പറഞ്ഞില്ല ഭവതാ അനുദിതപ്രായം യശോ ഭഗവതോ മതം ഏനൈവാസൗഷ്യേതേ തദ്ർശനംഖിലം അങ്ങയുടെ ദർശനം ഭാരതത്തിൽ അങ്ങ് പ്രകാശിപ്പിക്കാൻ ഉദ്ദേശിച്ച തത്വം ഖിലമാണ് അത് അല്പമാണ് പൂർണ്ണമല്ല അല്പം എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് മാത്രമേ അങ്ങ് എന്താണോ പറയേണ്ടത് അത് പറഞ്ഞുള്ളൂ ഞാൻ ഭാരതത്തില് പറാനുദ്ദേശിച്ചത് നാരതരെ യുദ്ധമോ കഥകളോ ഒന്നും തന്നെയല്ല ഭാരതത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഭഗവത്ഗീതയാണ് സനത്സുജാതീയമാണ് ഭഗവത്കഥകളാണ് ഭഗവത് തത്വമാണ് പറ ആട്ടെ ഭഗവത് തത്വമാണ് പറയാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇപ്പോ ഒരു പ്രഭാഷണത്തില് രണ്ടു മണിക്കൂർ നേരമുള്ള പ്രഭാഷണത്തില് ഒന്നര മണിക്കൂർ നേരം ഞാൻ തമാശും കഥയും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞിട്ട് ഒരമണിക്കൂർ നേരം നിങ്ങൾക്ക് ഉയർന്ന ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉപദേശിച്ചാൽ പറഞ്ഞാൽ ഇവിടുന്ന് എണീറ്റ് പോകുമ്പോൾ ഏതാ മനസ്സിൽ നിൽക്കാം ഓട്ടേ ഇപ്പൊ മണിക്കൂർ നേരം ഞാൻ ഭഗവത് തത്വം പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരം തമാശ കഥ ഏതെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോകുമ്പോൾ ഈ തമാശ കഥ ഉള്ളിൽ ഓർമ്മയുണ്ടാവുന്നല്ലാതെ ഈ ഒന്നര മണിക്കൂർ പറഞ്ഞത് പോകും അങ്ങനെയുള്ളപ്പോൾ ഒരു ഒന്നേമുക്കാൽ മണിക്കൂർ നേരം ലോകവർത്തമാനവും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഭഗവത്തത്വവും പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഭഗവത്വവും മനസ്സിൽ നിൽക്കില്ല അപ്പോ അങ്ങ് എന്താണോ ധർമ്മത്തിനെയും കുറിച്ച് ധാരാളം പറഞ്ഞു യഥാ ധർമാദയശ അർത്ഥാ മുനിവല്യാ അനുകീർത്തി ന തഥാ വാസുദേവിമാ അണുവർണിത എങ്ങനെ ധർമ്മത്തിനെയും അർത്ഥത്തിനെയും വിസ്തരിച്ചങ്ങോട് പറഞ്ഞു അങ്ങനെ വാസുദേവന്റെ വഹിമല്യെ അങ്ങ് വർണ്ണിച്ചില്ല വാസുദേവത്തത്വം അങ്ങ് പറഞ്ഞില്ല ഭഗവത് തത്വം അങ്ങ് പറഞ്ഞില്ല ഹേ വ്യാ നാറുതേ അങ്ങനെ അങ്ങോട്ട് ഭഗവത് തത്വമൊക്കെ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവോ ധാരാളം ആളുകൾ വരണമെങ്കിൽ നമ്മൾ കുറെ കഥകളും കാര്യങ്ങളും ലോകവർത്തമാനമൊക്കെ പറയണമെന്നല്ലേ ജനങ്ങൾ കൂടുള്ളൂ ഇത് ഉയർന്ന ബ്രഹ്മവിദ്യ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആര് വരും അപ്പൊ നാരദ മഹർഷി പറഞ്ഞു വ്യാസരെ അങ്ങക്ക് ആളെ കൂട്ടണം എന്നാണ് ഉദ്ദേശ്യമെങ്കിൽ പറഞ്ഞോളാം ലോകവർത്തമാനം പറഞ്ഞോളാ ലോകവർത്തമാനം പറഞ്ഞാൽ ആളുകൂടും എങ്ങനെയെന്ന് വെച്ചാൽ പൊട്ടക്കുളത്തില് കാക്കകൾ കൂടണ പോലെ തദ്വായീർത്ഥം പൊട്ടക്കുളത്തിൽ കാക്ക കൂട്ടം പോലെ അങ്ങയുടെ ചിലമ്പല് കേൾക്കാനായിട്ട് ആളുകൾ വരും പക്ഷേ ഉയർന്ന തലത്തിൽ അങ്ങ് നിൽക്കുകയാണെങ്കിൽ മാനസസരസിൽ നാലു പക്ഷികളെ ഉണ്ടാവുള്ളൂ പക്ഷെ ഉള്ളത് രാജഹംസങ്ങളായിരിക്കും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിശ്ചയിച്ചോളാം ഉയർന്ന തലത്തിൽ അങ്ങ് പറയുകയാണെങ്കിൽ മനസ്സിലാക്കുന്നവർ കുറച്ചുപേരേ ഉണ്ടാവുള്ളൂ എങ്കിലും ആ ഉള്ളത് രാജഹംസം പോലെ ഉള്ളവരായിരിക്കും അങ്ങ് ചുവട്ടിലിറങ്ങി വരുന്ന ലോകവർത്തുമാനം പറയാൻ പുറപ്പെട്ടാൽ കേൾക്കാൻ വരുന്നവരോ വാ കാക്കകളെ പോലെ ആയിരിക്കും അതുകൊണ്ട് തദ്വാസർഗോ ജനതാഗവിപ്ലവോ യസ് പ്രതിശ്ലോകം അബദ്ധവത്യ നാമാനി അനന്ത യശോങ്കിത ശൃണ് ഗായ ഗൃണത്തി സാധവ അങ്ങനിപ്പോ കഥ എഴുതി കഴിഞ്ഞു വ്യാസര ആലോചിച്ച ശരി ഞാൻ ഇനി പറയാം പക്ഷെ അവിടെവിടെയൊക്കെ ചിലപ്പോൾ ശ്ലോകങ്ങളൊക്കെ തെറ്റിപ്പോയാവും ഏഹ് കുഴപ്പമില്ല യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപീതം ഓരോ ശ്ലോകവും അബദ്ധമായാലും വേണ്ടില്ല എന്നാണ് ഇപ്പൊ കുറെ ആളുകൾ ഭാഗവതത്തിൽ തെറ്റിതിരുത്താൻ പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് വ്യാകരണ പക്ഷെ എന്താന്ന് വെച്ചാൽ വ്യാസൻ വ്യാകരണവും നോക്കിയില്ല സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട് ഉപമാകാളിദാസ്യ ഭാരവേർ അർത്ഥഗൌരവം ദണ്ഡിനതലാളിത്യം മാഘേ സന്തി ത്രയോ ഗുണാ എന്നാണ് അതേപോലെ ഈയിടെ ഒരു ശ്ലോകം ചൊല്ലിയ ഒരാളാണ് അതെവിടുന്നുള്ള ശ്ലോകമാണെന്നറിയില്ല മാഘേ സന്തിയോ ദോഷ ഭാരവേസ്തു സഹസ്രശ കാളിദാസ്യ അസംഖ്യേയാ വ്യാസസ്തന്മയതാംഗതാണ് മാഘം മൂന്ന് ദോഷങ്ങൾ എവിടെയോ വരുത്തി എഗ്നദോഷമാണെന്ന് മനസ്സിലായില്ല മൂന്ന് ദോഷങ്ങൾ മാഘേസന്തി ത്രയോ ഭാരവേസ്തു സഹസ്രശ ഇവരുടെ വ്യാകരണം വെച്ച് നോക്കുമ്പോ ഒരാളും പെർഫെക്റ്റ് അല്ല വ്യാകരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഭാരവിക്ക് ആയിരക്കണക്കിന് തെറ്റുകളും കാളിദാസനോ എണ്ണാൻ പറ്റില്ല എന്നാണ് അസംഖ്യയാഹ വ്യാസനോ തന്മയതാംഗതഹ എന്നാണ് വ്യാസൻ അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണോ കാരണം എന്താ അവര് നിങ്ങൾ ഉണ്ടാക്കി വെച്ച നിയമപ്രകാരമൊന്നുമല്ല അനുഭൂതിര രമണ മഹർഷിതിനൊരു ഉദാഹരണം പറഞ്ഞു അനുഭൂതി എന്ന് വരുന്ന പാട്ടുകളിൽ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ശരിയാക്കിക്കൊള്ളണം എന്നാണ് അതിൽ എത്ര അബദ്ധമുണ്ടെങ്കിലും ആ അബദ്ധമൊക്കെ സുബദ്ധമാക്കിക്കൊള്ളണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം പറയുന്നത് ഇത് കണ്ണുടേ വള്ളാർ പറയണ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഒളിവിലൊടുക്കത്തിൽ അദ്ദേഹം പറയുന്നു എന്റെ പാട്ടുകളിൽ എന്തൊക്കെ വ്യാകരണ പെഷക്കുണ്ടോ അതൊക്കെ ശരിയാക്കിക്കൊള്ളുക കാരണം വ്യാകരണം പറയാനോ കവിത പറയാനോ അല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭഗവത് തത്വം പറയാനാണ് അതിൽ അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ഒരു സ്റ്റേജില് ഒരു പെൺകുട്ടി നർത്തനം ചെയ്യുന്നു മൃതംഗം വായിക്കുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് വാദ്യഘോഷങ്ങളൊക്കെ താളത്തിനൊത്ത് രാഗം ശ്രുതിചേർന്ന് താളത്തിനൊത്ത് താളം തെറ്റാതെ നർത്തനം ചെയ്യുന്നു ആ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ചെവിയില് വീട്ടിൽ നിന്നൊരു വാർത്ത വന്നു നിങ്ങളുടെ മരിച്ചിരിക്കണോ ആ വാർത്ത കേട്ട ആള് ഉറക്ക നിലവിളിക്കണു അത്രേ കരച്ച ദുഃഖം കാരണം നിലവിളിക്കുമ്പോ അയാള് ഞാൻ നിലവിളിക്കുന്നത് ഈ രാഗത്തിലാണോ ശ്രുതി ചേർന്നിട്ടുണ്ടോ താളത്തിനു വൃത്താണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കോ അയാൾക്ക് വരുന്ന വികാരത്തിന്റെ എക്സ്പ്രഷനാണ് അല്ലേ അതേപോലെ ഭക്തി കൊണ്ട് വിളിച്ചു കൂവുമ്പോ പൂന്താനത്തിന്റെ ഭക്തി ഭട്ടഗിരിയുടെ വിഭക്തിയെക്കാളും എനിക്കിഷ്ടമാണെന്ന് ഭഗവാൻ പറഞ്ഞ പോലെ ഇവിടെ വ്യാസനും പറഞ്ഞു യസ്വിൻ പ്രതിശ്ലോകമബദ്ധവത്യപീ ഭാരതം പറഞ്ഞു കൊടുക്ക വ്യാസം എന്നാലും വേണ്ടില്ല എഴുതൂ ഭാഗവതം രചിക്കും ഭാഗവത രചനയുടെ പ്രയോജനം എന്താ എന്തിനു വേണ്ടി രചിക്കണം ഭഗവാനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും മിണ്ടിപ്പോവരുത് അതിനുവേണ്ടി ഭാഗവതം എഴുതാം ഭാരതത്തിൽ മറ്റു പലതും പറഞ്ഞുപോയി ഇനി ഭാരത ഭാഗവതത്തിൽ അതൊന്നും പറയാൻ പാടില്ല ധർമ്മത്തിനെ കുറിച്ചല്ലേ പറഞ്ഞു ജുഗുപ്സിതം ധർമ്മകൃത്യുന്നു ശാസ്ത്ര നാരദൻ ചീത്തവറിയാ വ്യാസരെ അതിന് ഈയിടെ ഒരു ആചാര്യൻ ട്രാൻസ്ലേറ്റ് ചെയ്തു ജുഗുപ്സിതം എന്ന് വച്ചാൽ വെറുക്കേണ്ടതെന്നാണ് അർത്ഥം നാരദൻ വ്യാസരോട് പറഞ്ഞു വ്യാസരെ അങ്ങ് ഇത്രയധികം ധർമ്മത്തിനെയും ആചാരത്തിനെയും കുറിച്ചൊക്കെ പറഞ്ഞത് വെറുക്കേണ്ടതാണെന്നോ വേറെ ഒരു ആചാര്യതിന് ട്രാൻസ്ലേഷൻ കൊടുത്തു അങ്ങ് ചെയ്തത് ക്രിമിനൽ ഒഫൻസ് ആണെന്നോ ആളുകളെ മുഴുവൻ സംശയത്തിലാക്കി എന്താ ചെയ്യേണ്ടത് ഇത് ചെയ്യണോ അത് ചെയ്യണോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എത്ര പ്രാവശ്യം കൊൽക്കൊഴിക്കണം എങ്ങനെ പ്രദക്ഷിണം ചെയ്യണം എങ്ങനെ നമസ്കരിക്കണം ആകപ്പാട പ്രശ്നം ജുഗുക്സിതം ധർമ്മകൃതയെന്ന് സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ അങ്ങ് പറഞ്ഞു വെച്ചത് കൊണ്ടിപ്പോ എന്തായി വെച്ചാൽ വേറെ ആരെങ്കിലും ഒക്കെ വന്നി ഇതൊക്കെ അങ്ങോട്ട് മാറ്റിക്കളയൂ നാമസങ്കീർത്തനം ചെയ്യൂ ഭക്തി ചെയ്യൂ ഭഗവാന് ശരണാഗതി ചെയ്യുന്നു ഏ വ്യാസം പറഞ്ഞിരിക്കണത് ഇങ്ങനെയാണ് നിങ്ങളിപ്പോൾ ശരണാഗതി ചെയ്യാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല ാമം ജപിക്കാനൊന്നും പറ്റില്ല ഭക്തി ചെയ്യാനൊന്നും പറ്റില്ല ഇന്നിന്ന ആചാരങ്ങളൊക്കെ വ്യാസം പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പൊ മുഖ്യം എന്ന ആളുകൾ അങ്ങ് തന്നെ പറഞ്ഞാപ്പോലും ഇനി കേൾക്കില്ല അതാണ് യദ്വാക്യത്തോ ധർമ്മയുതീതരസ്ഥിത്തോ നമന്യത്തെ തസ് നിവാരണം ജനഹ ഇനി ആ മാറ്റില്ലേ അവര് അങ്ങ് പറഞ്ഞു വെച്ചില്ലേ അതുകൊണ്ട് അങ്ങ് ചെയ്ത ഒരു തെറ്റിനൊരു ഭാഗവതം രചിക്കും ഭാഗവതത്തിൽ എന്തുവേണം ഭക്തി ജ്ഞാനം വൈരാഗ്യം ഈ മൂന്നെണ്ണം അല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടുപോകരുത് തത്തോ അന്യതാ വിവക്ഷത അതിൽ നിന്ന് അന്യമായി മറ്റെന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ഉദ്ദേശിക്കുക പോലും വരുത് ഉദ്ദേശിച്ചാൽ കുഴപ്പം പറ്റും സത്സംഗത്തിലിരിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്കും ഇതൊരു ഒരു വഴികാട്ടിയാണ് സത്സംഗത്തിലെ പ്രഭാഷണത്തിന് ഇരിക്കുമ്പോൾ ഭഗവത് വിഷയം ഭക്തി ജ്ഞാനം വൈരാഗ്യം ഈ ഒരു ചക്രത്തിന്റെ ഉള്ളിൽ വേണം സത്സംഗം പോവാൻ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല ലോകം തന്നെ തകിടും പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഈ ഒരു ചക്രത്തിന്റെ ഉള്ളിലാണ് നമ്മളുടെ യാത്ര ലോകവർത്തമാനമല്ല ലോകമേ ഇല്ല ഇവിടെ നമുക്ക് ഭഗവാനോട് ഭക്തി വേണം ഭഗവത് തത്വജ്ഞാനം നമ്മളുടെ ഉള്ളിൽ ഉദിക്കണം ഭഗവാനല്ലാത്ത വിഷയത്തിലൂടെ തൽക്കാലത്തേക്കെങ്കിലും സത്സംഗത്തിലിരിക്കുമ്പോഴെങ്കിലും വൈരാഗ്യം ഉണ്ടാവണം ഭഗവാനോട് പ്രിയമേർപ്പെടുമ്പോ പ്രേമേർപ്പെടുമ്പോ ഇതരരാഗവിസ്മാരണം നൃണാം ഗോപസ്ത്രീകൾ പറയുന്നു ഭഗവാനോട് ഭക്തി ഉദിക്കുമ്പോ വൈരാഗ്യം ഉദിക്കും ഭക്തി ഉദിക്കുമ്പോൾ ജ്ഞാനം ഉദിക്കും ഇതൊക്കെ തന്നെ പരസ്പരം പൂരകങ്ങളാണ് ഭക്തി ഉദിച്ചാൽ ജ്ഞാനം ഉദിക്കും ഭക്തി ഉദിച്ചാൽ വൈരാഗ്യം ഉദിക്കും ഭക്തിയാമാം അഭിജാനാതി ഭക്തി പ്രജായത്തെ ഭക്തിയിൽ നിന്ന് വൈരാഗ്യം ഉദിക്കും അപ്പോ ഭക്തി ജനങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞാൽ ഭക്തി ഉണ്ടാവുക ശരണാഗതി ഉണ്ടാവുക ഭക്തിയുടെ അർത്ഥനലവണ്ണം ധരിച്ചോളം ഭഗവാന് ശരണാഗതി എന്റെ വ്യക്തിത്വത്തിന് യാതൊരു പ്രാമുഖ്യമില്ല ഭഗവാന്റെ ദാസനാണ് ഞാൻ ഭഗവാന്റെ കയ്യിൽ യന്ത്രമാണ് ഭഗവാൻ മാത്രമാണ് ഉണ്മയായിട്ടുള്ള വസ്തു ഭഗവാനെ അറിയലാണ് ജീവിതത്തിന്റെ പ്രയോജനം അല്ലാതെ ധർമ്മമോ അർത്ഥമോ കാമോ ഒന്നും തന്നെ മുഖ്യമല്ല ഇത് ഭാഗവതത്തിന്റെ മെസ്സേജ് ആണോ ഒരു തിരുത്തി കുറിക്കലാണോ ഭാഗവതത്തിന്റെ മറ്റ് പുരാണങ്ങളിൽ നിന്നൊക്കെ ഭാഗവതകാരൻ ചെയ്ത ഒരു തിരുത്തി കുറിക്കലാണത് ധർമ്മ്യ അപവർഗ്യ അർത്ഥോ അർയോപകൽപത്തെ നർസൈകാന്ത കാമോ ലാഭായ ഹി സ്മൃത കാമസ്യ ന ഇന്ദ്രിയ ലാഭോ ജീവേത യാവ ജീവസ് തത്വജിജ്ഞാസ നർ യശേഹ കർമ്മിഹീന ജീവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചിത്തം ശുദ്ധമാക്കാം ചിത്രം എങ്ങനെ ശുദ്ധമാകും കേട്ടോടാകും കേൾക്കുമ്പോൾ ഹൃദയം ശുദ്ധമാകുന്നു ഭഗവത്കഥകൾ കേൾക്കുമ്പോൾ ഹൃദയം ശുദ്ധമായി ശുദ്ധമായ ഹൃദയത്തില് ഭഗവത് തത്വജ്ഞാനോധിക്കും ഭഗവത്വം അറിയണം എന്നുള്ള ഔത്സുഖ്യമുണ്ടാവും ഔത്സുഖ്യമുണ്ടാവും നമുക്ക് ഉപദേശിക്കാൻ വേണ്ട ആളെ ഭഗവാൻ പറഞ്ഞിരിക്കും അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ഉപദേശിക്കും ബുദ്ധവർക്കും അർജുനനും ഒക്കെ ഉപദേശിച്ച പോലെ അപ്പോ കഥാശ്രവണം ഭാഗവതത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്താ കഥാശ്രവണം കഥാശ്രവണത്തിലൂടെ കഥ പറയാനും പോലും അല്ല കഥായുമാസ്തേ കഥിതാ മഹീയസാം പറയാൻ പോണു അവസാനം ഈ കഥകളൊക്കെ പറഞ്ഞത് കഥ പറയാൻ വേണ്ടിയിട്ടല്ല വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ കഥാശ്രവണം എന്തിനാ കഥകൾ കേട്ട് ഭഗവത് ധ്യാനം ഉണ്ടാവണം അസ്കലിതാമതിഹി നാരദൻ തന്നെ പറയുന്നു ഭഗവത് കഥകൾ ഇങ്ങനെ കേൾക്കണു കേട്ട് കഴിയുമ്പോ എന്താ അതിൽ നമ്മളിങ്ങനെ രസിച്ച് രസിച്ച് രസിച്ച് നമ്മളുടെ മുമ്പിൽ ഒരു സൃഷ്ടിക്കപ്പെടും നമ്മളുടെ ഹൃദയത്തില് ഭഗവാൻ കളിയാടി തുടങ്ങുന്നു കളിച്ചു തുടങ്ങുന്നു കൃഷ്ണധ്യാനം സഹജമായി ഏർപ്പെട്ടു തുടങ്ങുന്നു നമ്മൾ പരിശ്രമിച്ചിട്ടല്ല ഭക്തി കൊണ്ട് ഏർപ്പെടുന്ന ഭക്തി എന്നുവെച്ചാൽ തന്നെ ധ്യാനമാണല്ലോ അനുസന്ധാനമാണല്ലോ ഭക്തി ഗോപസ്ത്രീകൾക്ക് ഏർപ്പെട്ട ധ്യാനം വിസ്മർത്തും നൈവ ശക് മറക്കാൻ ഞങ്ങൾക്ക് വയ്യാന്നാണ് അത്തരത്തിലൊരു അനുസന്ധാനം ഏർപ്പെട്ടു ആ അനുസന്ധാനമാണ് ഭക്തി അപ്പോ ഭാഗവതത്തിന്റെ മുഖ്യ ഉദ്ദേശം വ്യാസഭഗവാൻ നമുക്ക് ഭാഗവത സംഹിത പരമഹംസ സംഹിതയെ തരാൻ കാരണം തന്നെ നമ്മൾ കഥാശ്രവണം പതുക്കെ പതുക്കെ പതുക്കെ ഭഗവാന്റെ ഉണ്മയായ സ്വരൂപത്തിലേക്ക് എത്തണം ഉണ്മയായ സ്വരൂപം ഇന്നലെ പറഞ്ഞു പുരുഷരൂപം അന്തർബി പൂരുഷ കാലരൂപൈ പ്രയക്ഷതോ മൃത്യു അമൃതം ചായമനുഷ്യ വധസ്വ വിദ്വൻ കാലരൂപത്തിൽ നിന്നും പുരുഷരൂപത്തിലേക്ക് മരണത്തിൽ നിന്നും അമൃതത്തിലേക്ക് അസത്തിൽ നിന്നും സത്തിലേക്ക് തമസിൽ നിന്നും ജ്യോതിഷത്തിലേക്ക് നമ്മൾ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അസത്തോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ അതാണ് ഇന്നലെ അമൃതത്തിലേക്ക് മൃത്യു പുറമേക്ക് ബഹിർമുഖമായാൽ മനസ്സ് പുറം വിഷയങ്ങളിലൊക്കെ ചെന്നുപെട്ടാൽ മൃത്യു അതേ മനസ്സ് അന്തർമുഖമായി സ്വരൂപത്തിലേക്ക് രമിച്ചു തുടങ്ങിയാൽ ഉള്ളിൽ സർവസാക്ഷിയായി നിൽക്കുന്ന അവബോധം ആ അവബോധമാണ് കൃഷ്ണസ്വരൂപം അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനിന്നുരയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമം മനസ്സിനും സാക്ഷിയായി വിവേകശക്തിക്കും സാക്ഷിയായി ഉള്ളിലെ ശുദ്ധപ്രജ്ഞേ സ്വരൂപമായിട്ടുള്ളവനാണ് കൃഷ്ണൻ അപ്പോ പുറമേക്ക് ഭഗവാന്റെ അവതാരലീലകൾ കേട്ട് അവതാരലീലകൾ കേട്ട് കേട്ട് കേട്ട് അനുസന്ധാനം ചെയ്ത് ഊറി ഊറി ഊറി ഭക്തി പരാഭക്തിയായിട്ട് തീരുന്നു െന്നുവച്ചാൽ നിരന്തരമായ ആത്മരതിയായിട്ട് തീരുന്നു ആത്മക്രീഡയായിട്ട് തീരുന്നു അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണകഥ കൃഷ്ണാവതാരം തന്നെ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഭക്തി ഉണ്ടാവാൻ ഭാഗവതധർമ്മത്തിനെ പ്രചാരണം ചെയ്യാനാണ് ഭഗവാൻ വന്നത് ഭാഗവതധർമ്മം എന്ന് വെച്ചാൽ ഭക്തി എവിടെയാണെങ്കിലും ഭക്തി ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് ഭക്തി ബ്രഹ്മചാരി ആണെങ്കിൽ ബ്രഹ്മചര്യാശ്രമത്തിലിരുന്നു കൊണ്ട് ഭക്തി സന്യാസിയാണെങ്കിൽ സന്യാസാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ഭക്തി എവിടെയാണെങ്കിൽ ഭക്തി എല്ലാവർക്കും തുല്യം ഏത് ആശ്രമക്കാർക്കും തുല്യം ഭക്തി ഇല്ലെങ്കിൽ ഭഗവത് ധ്യാനം അനുസന്ധാനം ഇല്ലെങ്കിൽ സന്യാസിയാണെങ്കിലും ഗ്രഹസ്ഥനാണെങ്കിലും ബ്രഹ്മചാരിയാണെങ്കിലും ദുഃഖം നിൽക്കും ദുഃഖമുണ്ടാവും ദുഃഖം വിട്ടുപോകില്ല അപ്പൊ ദുഃഖം വിട്ടകലെങ്കിൽ മനസ്സ് വിഷയങ്ങളുടെ പിടിയിൽ നിന്നും സ്വരൂപത്തിലേക്ക് തിരിയണം ഭഗവാന്റെ അടുത്തേക്ക് തിരിയണം സ്വസ്വരൂപത്തിലേക്ക് തിരിയണം അപ്പൊ അതിനുള്ള വഴിയാണ് ഭാഗവതം അപാര കാരുണ്യം കൊണ്ട് ശ്രീസുഖബ്രഹ്മ മഹർഷി ഭാഗവതത്തിനെ നമുക്ക് തന്നത് കരുണയാഹ പുരാണഗുഹ്യം അപാരകാരുണ്യം കൊണ്ട് ഈ ഭാഗവത സംഹിതയെ നമുക്ക് തന്നത് ഇന്നലെ ശ്രീസുഖബ്രഹ്മഹർഷി കൃഷ്ണകഥ ആരംഭിച്ചു മഥുരാപുരിയിൽ യദുവംശത്തില്തരിക്കാം എന്ന് വസുദേവർക്കും ദേവകിക്കും പുത്രനായിട്ട് ഞാൻ അവതരിക്കാം എന്ന് ഭഗവാൻ ബ്രഹ്മാതിദേവന്മാർക്ക് വാക്കുകൊടുത്തു അതിനനുസരിച്ച് ഇവിടെ മഥുരാപുരിയിൽ വിവാഹം നടന്നു വസുദേവർക്കും വിവാഹം നടന്നു അതിനുശേഷം കംസന് അശരീരിവാണി കേട്ടു അഷ്ടമോ ഗർഭേ അബുധ ഈ ദേവകിയുടെ എട്ടാമത്തെ ഗർഭത്തിൽ ജനിക്കുന്ന കുട്ടി തന്നെ വധിക്കും എന്ന അശരീരി കേട്ടതും കംസൻ വധിക്കാനായിട്ട് ശ്രമിച്ചു വസുദേവര് തടഞ്ഞു നിർത്തി കംസനെ അല്പം തത്വോപദേശം ചെയ്തു മരണത്തിനെ ഭയപ്പെടരുത് മരണം നമ്മളുടെ കൂടെ നടക്കുന്നു അറിവുള്ളവര് മരണത്തിന് ഭയപ്പെടില്ല എന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊടുത്തും പിന്തിരിയാത്ത കംസന്റെ ഉള്ളില് പതുക്കെ വസുദേവരെ കാരുണ്യത്തിനെ ഉണർത്തിയും കംസന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് ജനിക്കുന്ന കുട്ടികളെയൊക്കെ സമർപ്പിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു ഇതിനുശേഷം ജനിച്ച ആറു കുട്ടികളെയും കംസൻ വസുദേവർക്കും ദേവകിക്കും കൺമുമ്പിൽ വെച്ച് തന്നെ വധിച്ചു ഇത്രയും നമ്മൾ കണ്ടു കൃഷ്ണാവതാരത്തിന്റെ പാടം ഉഴുതുമറിക്കുന്ന പോലെ വിത്ത് പാകാനായിട്ട് പാടം തയ്യാറാവുന്ന പോലെ ഇവിടെ വസുദേവരും ദേവകിയും അത്യന്തം ദുഃഖിച്ചു ദുഃഖം നല്ല പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ദുഃഖം വരണു എന്ന് ഒരിക്കലും നമ്മൾ കംപ്ലയിന്റേ പറയരുത് ഭക്തിക്ക് ആദ്യപടിയാണ് ദുഃഖം ഭഗവാനെ പ്രാപിക്കാനുള്ള പ്രധാന മാർഗമാണ് ദുഃഖം ദുഃഖമില്ലെങ്കിൽ ലോകത്തിൽ ആരും ഭഗവാന്റെ അടുത്ത് ചെല്ലേയില്ല ദുഃഖിക്കുന്തോറും നമ്മൾ പക്വമാവും ദുഃഖിക്കുന്തോറും ഭഗവാന്റെ അടുത്ത് ചെല്ലും ചിത്രം ശുദ്ധമായിക്കൊണ്ടേയിരിക്കും ഈശസ് കൃപയാ ദുഃഖം ആഗമിഷ്യത്തിദേഹിനാം ഭോഗേഷു വിരത്തിന്താത്തും തസ്മാുഃഖം ന ഗർഹയേത് ഈശ്വരന്റെ പരമ അനുഗ്രഹമാണ് ദുഃഖം എന്നാണ് വൃത്രാസുരൻ ഭാഗവതത്തിൽ പറയുന്നു എല്ലാ നൻ സുഖഭോഗങ്ങൾക്കും ഭഗവാൻ തടസ്സം വരുത്തുമ്പോ തോ ഭഗവത് പ്രസാദു എപ്പോഴാണോ നമുക്ക് ജീവിതത്തിൽ അത്യന്തം തടസ്സവും ദുഃഖവും വിഷമങ്ങളും വരുന്നത് അപ്പോ ഓർത്തോള സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയം വരണ പോലെയാണ് ഇനി അധികം വൈകാതെ ഉള്ളിൽ സൂര്യോദയം ഉണ്ടാവും എന്നുവെച്ചാൽ ഭഗവത് അനുഭൂതി ഉണ്ടാവും ഭഗവാൻ നമ്മളെ അടുത്തേക്ക് വിളിക്കുമ്പോഴാണ് ദുഃഖം തരുന്നത് വിഷമങ്ങൾ ഉണ്ടാവണ ജീവിതത്തിൽ അതുകൊണ്ട് ദുഃഖം വരുമ്പോ ഒരിക്കലും കംപ്ലയിന്റേ വേണ്ട വിഷമി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വസുദേവർക്കും ദേവകിക്കും ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് അത്യന്തം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു ആറു കുട്ടികൾ കഴിഞ്ഞ് ഏഴാമത്തതായി സാക്ഷാദ് ആദിശേഷം അനന്ത സംഘർഷണമൂർത്തി ഗർഭത്തില് പ്രവേശിച്ചു സപ്തമോ വൈഷ്ണവം ധാമ യം അനന്തം പ്രചക്ഷത്തെ ർഭോ ബഭൂവദേവക്യാർഷോ വിവർ ദേവകിക്ക് ഒരു വശത്ത് ഹർഷം എന്ന് വെച്ചാൽ സന്തോഷം ഗർഭിണിയായിരിക്കും മറ്റൊരു വശത്ത് ശോകം എന്താ ഈ കുട്ടിയും കംസൻ കൊല്ലുവല്ലോ എന്നുള്ള ദുഃഖം എം അനന്തം പ്രചക്ഷതെ സാക്ഷാത് അനന്ത അനന്തനിലാണ് ഭഗവാൻ ശയിക്കുന്നത് അനന്തം എന്നുള്ളത് ഭഗവാന്റെ സ്വരൂപ ലക്ഷണവുമാണ് സത്യം ജ്ഞാനം അനന്ത ബ്രഹ്മം സത്യം ഭഗവാന്റെ സ്വരൂപം അനന്തം എന്നുള്ളത് ആദിശേഷന് ജ്ഞാനം എന്നുള്ളത് ലക്ഷ്മി ഇത് മൂന്നും ചേർന്ന് നിൽക്കും ആ ചിത്രം നോക്കിയാൽ സത്യസ്വരൂപനായ ഭഗവാൻ അനന്തനായ ആദിശേഷനിൽ കടക്കുന്നു ജ്ഞാനസ്വരൂപിണിയായ ലക്ഷ്മി അടുത്ത് ഇരുന്ന് പരിചരിച്ചു കൊണ്ട് നിൽക്കുന്നു ഇത് മൂന്നും ചേർന്നാൽ ബ്രഹ്മസ്വരൂപ ലക്ഷണമായി സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അനന്തം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു പേരാണ് ഇൻഫിനിറ്റ് അനന്തം എന്ന് വെച്ചാൽ അന്തം ഇല്ലാത്തതോ എന്നർത്ഥം തന്നെ അധ്വൈതം രണ്ട് അനന്തം ഉണ്ടാവാൻ സാധ്യമല്ല ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ തന്നെ ഒന്ന് നയി രണ്ടം ഉണ്ടായാൽ ഒന്നും മറ്റേതിനെ അന്തം ചെയ്യും അപ്പൊ അനന്തം എന്ന് പറയുമ്പോ തന്നെ അദ്വൈതം രണ്ടില്ലാത്തത് എന്നർത്ഥം ഇവിടെ നമ്മള് ആദിശേഷൻ ഇവിടെ ബലരാമസ്വാമിയായി അവതരിക്കാൻ പോകുന്നു രാമാവതാരത്തിൽ ലക്ഷ്മണനായിട്ട് ജനിച്ചപ്പോ ഏട്ടൻ ഒരുപാട് ചീത്തോറന്നിട്ടുണ്ട് ശ്രീരാമൻ എന്തെങ്കിലുമൊക്കെ മിണ്ടാൻ പറയാ ലക്ഷ്മണ മിണ്ടാതിരിക്കൂ എന്ന് പറയും ലക്ഷ്മണൻ പരിചരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രാമാവതാരത്തിൽ അപ്പൊ ഭഗവാന് തന്നെ തോന്നി ലക്ഷ്മണനെ ഒന്ന് പരിചരിക്കാം ഇനി നമ്മൾ പരിചരണം സ്വീകരിച്ചാൽ മാത്രം പോയാ മാനതഹ എന്നൊരു നാമമുണ്ടേ ഭഗവാൻ വിഷ്ണു സഹസ്രനാമത്തിൽ അമാനി മാനതോ മാന്യഹ ലോകസ്വാമി ത്രിലോകൃക് അല്ലെ അപ്പോ മാനം കൊടുക്കുന്നവനുമാണ് ഭഗവാൻ അഭിമാനി മാനം സ്വീകരിക്കുന്ന ആള് മാത്രമല്ല മറ്റുള്ളവരെ മാനം കൊടുക്കുന്ന ആളുമാണ് അപ്പോ ആദ്യശേഷനെ ഈ ഏട്ടനായിട്ട് ജനിപ്പിക്കാം ജ്യേഷ്ഠനായിട്ട് അങ്ങനെ ഇവിടെ അനന്തനെ ഗർഭോപഭൂവദേവക്യാവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു പക്ഷെ ഭഗവാൻ അറിയാം ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് അവിടുന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ഒരു മാറ്റി താമസിപ്പിക്കലാണ് ഗർഭത്തിൽ നിന്ന് ഗർഭത്തിലേക്ക് ഭഗവാനപി വിശ്വാത്മാ വിധിത്വ കംസജം ഭയം യദൂനം നിജനാഥാന സമാധിശത്ത് അതിലൊരാളെ ഏർപ്പാടാക്കി ആരാന്ന് വെച്ചാൽ യോഗമായ ഭഗവാൻ ജനിക്കുന്നതിനു മുമ്പ് യോഗമായ ഇവിടെ വന്നു വ്യാപിക്കണം യോഗമായ ആദ്യം വിളിച്ചു പറഞ്ഞു ഗച്ഛദേ വിവ്രജം ഭദ്രേം ഗോപഗോഭിരലകൃതം രോഹിണി വസുദേവ്യസ്തേനന്ദഗോകുലേം വ്രജഭൂമിയിലേക്ക് ചെല്ലു അവിടെ वसुदेव मत रोहिणी अवड़को रोहिणी गर्भ शिशु माचिताम अशरामस्वामी रोहिणीपुत्रन अवतरी वी भगवा महामा विशोद गर्भ प्रवेश यानि दे देवगिया गर्भ प्रवेश യശോധയുടെ ഗർഭത്തിൽ ചെന്ന് പ്രവേശിച്ച് ജനിച്ച് മറഞ്ഞ് ഭൂമിയിൽ സർവ്വത്ര വ്യാപിച്ച് നിൽക്കുക എന്തിനാ എന്റെ അവതാരത്തിന് സഹായം ചെയ്യാനായിട്ട് കേവലമായ ബ്രഹ്മവസ്തു അതൊന്നും ചെയ്യില്ല നിഷ്ക്രിയമായിട്ട് വർത്തിക്കും കൃഷ്ണാവതാരം ആവട്ടെ മായയെ സ്വീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് മായയെ ആദ്യം തന്നെ ഭഗവാൻ ഏർപ്പാടാക്കി നിർത്തി തന്റെ ശക്തിയായിട്ട് പല സ്ഥലത്തും ചെന്ന് നിറഞ്ഞു നിൽക്കാനായിട്ട് തനിക്ക് സഹായിക്കാനായിക്കൊണ്ട് അപ്പോ ദേവിയെ വിളിച്ച് പറഞ്ഞു എല്ലായിടത്തും ചെന്ന് നിറഞ്ഞു നിൽക്കും അർച്ചഷ്യന്തി മനുഷ്യസ്ഥൂപോപഹാര ബലിഭി സർവകാമവരപ്രദം നാമധേയാനി കുറവന്തി പേരുകളൊക്കെ കിട്ടും എല്ലാവർക്കും പേരും പുകഴ് ഇഷ്ടമാണല്ലോ അപ്പൊ ദേവിക്ക് ഇപ്പൊ പേരെന്താ ലോകത്തിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അംബികയ്ക്ക് നാമങ്ങളൊക്കെ വിധിച്ചുകൊടുത്തു എന്തൊക്കെയാ നാമങ്ങള് എന്നുവെച്ചാൽ ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതിച്ച് കുമുത ചണ്ഡിക കൃഷ്ണ മാധവീ കന്യികേതി ചെ നാരായണി ഈശാനി ശാരദേതി അംബികേതിച്ച് ഇത്രയും നാമങ്ങൾ ഭഗവാൻ തന്നെ കല്പിച്ചു ഈ നാമങ്ങളോടുകൂടെ ലോകത്തിലെ അമ്മ നിറഞ്ഞു നിന്നു എന്നാണ് മഹാമായ ചെന്ന് വ്യാപിച്ചു ആചാര്യസ്വാമികൾ പറയുന്നു ഈ നാമത്തിലേതെങ്കിലുമൊക്കെ ഞാൻ ജപിച്ചുകൊണ്ടിരുന്നോളാം ശങ്കരാചാര്യസ്വാമികൾ ഒരു ശ്ലോകം പ്രസിദ്ധമായ ശ്ലോകം ഭക്തിയുടെ പരമ കാഷ്ടയിൽ ആഗ്രഹങ്ങളൊക്കെ നശിച്ചുപോകും മുക്തി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല പുനർജനനം വരാൻ പാടില്ല എന്നുള്ള ആഗ്രഹവും ഉണ്ടാവില്ല അതുകൊണ്ട് ദേവിയെ സ്തുതിക്കുന്ന ഒരു ശ്ലോകത്തിൽ ആദിശങ്കരൻ പറയുന്നു നോക്ഷയാകാംക്ഷ വിഭവവശാവിചന വിജ്ഞാപേക്ഷാ ശശിമുഖിസുഖേച്ഛാ പുനഃ അതസ്വാം സംയാച്ച ജനനി ജനനം യാമ വൈ മൃഡാ രുദ്രാണി ശിവ ശിവ ഭവാതി ജപത്ത എനിക്ക് മോക്ഷത്തിനുള്ള ആഗ്രഹം ഒട്ടും തന്നെയില്ല നോക്ഷയാകാംക്ഷ നപ്പോ ലോകത്തിലെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കണമെന്നുണ്ടോ വിഭവ വംശാപിജനമേ ലോകത്തിലുള്ള ഐശ്വര്യത്തിലൊന്നും എനിക്ക് ആഗ്രഹമല്ല നാരാളം പഠിച്ച് അറിവ് സമ്പാദിക്കണം എന്നാഗ്രഹമുണ്ടോ ന വിജ്ഞാനാപേക്ഷ സ്ത്രീസുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കണമെന്നുണ്ടോ ശശിമുഖി സുഖേക്ഷാപിന ഇനിയിപ്പൊ ജനനം മരണമൊക്കെ ഉണ്ടായാലും വേണ്ടില്ലേ അതസ്വാം സംയാചേ ജനനി ജനനം യാതുംമവ ഇനി ജനിച്ചാൽ മൃഡാണിരുദ്രാണി ശിവശിവ ഭവാനീതി ജപത ഈ നാമത്തിനെയൊക്കെ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നോളാം ഈ നാമങ്ങളൊക്കെ ഭഗവാൻ തന്നെ വിധിച്ചു കൊടുത്തു അങ്ങനെ അംബിക യശോദയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു ഭഗവാൻ ഡയറക്ടായിട്ട് ദേവകി ഗർഭത്തിലേക്കല്ല വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു भगवान भगवान प्रवेशिचू ഭഗവാൻ വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവശിച്ചു ഭഗവാൻ അപ്പശ്വാത്മാഭയങ്കര ആവിശാന് മന ആനകുണ്ടുപേ സിബ്രൗരുഷം താമ ഭജമാനോ യഥാവി ദുരാസദോ അതിദുർദർശോ ഭൂത സമ്പൂവഹ ഭഗവാനപി വിശ്വാത്മാ ഭഗവാനപി വിശ്വാത്മാ ഭക്താനാം അഭയം കരഹ ഭക്തന്മാർക്ക് ഭയത്തിനെ ഇല്ലാതാക്കാനായിക്കൊണ്ട് വിശ്വത്തിൽ മുഴുവൻ അന്തരാത്മാവായിട്ടുള്ള സർവേശ്വരൻ ആവിവേഷ ആവേശിച്ചു എന്നാണ് വസുദേവർക്ക് ഭഗവത് ആവേശമുണ്ടായി ഭഗവാൻ ആരുടെ ഉള്ളിലാ ഇല്ലാത്തത് പക്ഷേ പ്രത്യേകമായിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് പ്രത്യേകമായിട്ടുള്ള പ്രകാശനമാണ് ഉള്ളില് വസുദേവരുടെ ഉള്ളില് ഭഗവാൻ പ്രകാശിച്ചു ഭഗവാൻ പ്രകാശിച്ചു എന്ന് വെച്ചാലോ ഭക്തി ഉണ്ടായി നർഥം ഭക്തി ഉണ്ടായിരുന്നു വെച്ചാൽ സമാധി ഉണ്ടായി എന്നർത്ഥം വസുദേവർക്ക് ആനന്ദ സമാധി ഭാവ സമാധിയുടെ അനുഭൂതി ഉണ്ടായി ഭഗവത് ബീജം ഉള്ളിൽ കിടക്കുമ്പോൾ ലക്ഷണം അതാണ് ഭഗവാന്റെ അനുഭൂതി ഭഗവാൻ ഉള്ളിൽ കടക്കുമ്പോ വികാരഭരിതനാവുന്നു ആനന്ദമുണ്ടാവുന്നു വസുദേവർ ആനന്ദം ഉണ്ടായി വസുദേവർക്ക് ഭക്തിയുടെ ആ ഭാവം ഉണ്ടായി കാണുമ്പോ തന്നെ വസുദേവർക്ക് തേജസ് ദുരാസതോ അതി ദുർദ്ധർഷവും കാവൽ വെച്ചിട്ടുള്ള ആളുകളൊന്നും അടുത്തു ചെന്നില്ല എന്നാണ് വസുദേവരുടെ ജയിലിന് കാവലിൽ നിൽക്കണവരൊക്കെ ദൂരത്തുനിന്ന് കാണുമ്പോ തന്നെ വസുദേവരിൽ അത്യത്ഭുതമായ ഒരു ദിവ്യപ്രകാശം കണ്ടു ആരും അടുത്തു ചെല്ലാൻ പോലും ധൈര്യപ്പെട്ടില്ല ആ സമയം തത്തോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദീ ധ സർവാത്മകം